ഓ ഇസ്രായേൽ സന്തതികളെ ഞാൻ നിങ്ങൾക്ക് നൽകിയ എന്റെ അനുഗ്രഹത്തെ ഓർക്കുക എന്റെ കരാർ നിങ്ങൾ നിറവേറ്റുക എങ്കിൽ നിങ്ങളുടെ കരാർ ഞാൻ നിറവേറ്റാം എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുക